അടുത്ത ശ്ലോകം പ്രവൃത്തി പ്രവൃത്തി നിവൃത്തി ഗീതാശാസ്ത്രം തുടങ്ങുമ്പോ തന്നെ ശങ്കരാചാര്യർ പറഞ്ഞു ദ്വിധോ ഹി വേദോക്തോ പ്രവൃത്തി കാരണം വേദം പറഞ്ഞിട്ടുള്ളത് രണ്ടുവിധ ധർമ്മമാണ് ഒന്ന് പ്രവൃത്തി ഗൃഹസ്ഥന്മാർക്കുള്ള ധർമ്മം രണ്ട് നിവൃത്തിധർമ്മം സന്യാസികൾക്ക് യതികൾക്കുള്ള ധർമ്മം പ്രവൃത്തിധർമ്മം വേദം വിധിച്ചിട്ടുള്ളതാണ് പ്രവൃത്തി എന്ന് വെച്ചാൽ നമ്മൾ പണിയെടുക്കുന്നതൊക്കെ വേദം പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നുവെച്ചാൽ ഇപ്പൊ ഗീത പറയുന്ന രീതിയിൽ കർമ്മത്തിന് യോഗമായി സംഘരഹിതമായി അവരവരുടെ നിയതമായിട്ടുള്ള കർമ്മത്തിനെ അവരവർക്ക് വീണ് ധർമ്മത്തിനെ സംഘമില്ലാതെ യോഗിയായിട്ട് ചെയ്യണത് പ്രവൃത്തിധർമ്മം സർവസംഘ പരിത്യാഗികളായിട്ട് ഭഗവതൈക ശരണന്മാരായിട്ട് പരമഹംസന്മാരായിട്ട് ജ്ഞാനികളായിട്ട് നിവൃത്തന്മാരായിട്ടുള്ളവരുണ്ട് അവരുടെ ധർമ്മം നിവൃത്തി ധർമ്മം അപ്പൊ എന്താണ് പ്രവൃത്തി എന്താണ് നിവൃത്തി ഒക്കെ ശരിക്ക് അറിയണതുണ്ടല്ലോ അത് സാത്വികമായ ബുദ്ധിയാണെന്ന് ശരിക്കറിഞ്ഞാൽ അയാൾക്ക് പ്രവൃത്തി എന്താണ് നിവൃത്തി എന്താണ് പ്രാകൃതം എന്താണെന്ന് അറിയും സാധാരണ നമ്മൾ ജീവിക്കുന്നത് പ്രാകൃതമാണ് സ്വാഭാവികമാണ് അത് പ്രവൃത്തി വേദം വിധിച്ച പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അബ്സൊലൂട്ട് ഡിസിപ്ലിന്റെ ഉള്ളിൽ അയാൾ നിൽക്കുന്നു അയാൾക്ക് ചെയ്യേണ്ട കർമ്മം എങ്ങനെ ചെയ്യണമെന്നറിയാം കർമ്മത്തിന് യോഗമായിട്ട് ചെയ്യാൻ അറിയാം അവൻ പ്രവൃത്തിധർമ്മത്തിലിരിക്കുന്നവനാണ് സന്യാസം എന്ന് പറയുമ്പോൾ ശരിക്കും നിവൃത്തനാവും ചിലരുണ്ട് സന്യാസിയായി കഴിഞ്ഞിട്ട് പിന്നെ പൂർവാശ്രമത്തിനേക്കാളും വലിയ സംസാരത്തിൽ പോയി കൊടുങ്ങും നിവൃത്ത ധർമ്മത്തിനെ സ്വീകരിച്ചിട്ട് ഗൃഹസ്ഥന്മാരെക്കാളും വലിയ അങ്കലാപ്പിൽ പോയി കുടുങ്ങും എന്തേ അങ്ങനെ പറ്റിയതെന്ന് ബുദ്ധിയിലുള്ള മാറാല ബുദ്ധിയിലുള്ള പുക അത് മാറിയിട്ടില്ല ആഭരണങ്ങൾ മാറിയിട്ടില്ല അപ്പൊ എന്താ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലായില്ല നിവൃത്തി എന്താണെന്ന് മനസ്സിലായില്ല പ്രവൃത്തി എങ്ങനെ ചെയ്യണമെന്നറിഞ്ഞില്ല നിവൃത്തിപ്പിക്കണത് എങ്ങനെയെന്നറിഞ്ഞില്ല ഇതൊക്കെ ആന്തരികമാണ് ഭഗവാൻ പറഞ്ഞത് പ്രവൃത്തിയുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പ്രവൃത്തിരപി ധീരസ് നിവൃത്തിരുപചായത്തെ നിവൃത്തിരപി മൂർഖ്യ പ്രവൃത്തിഫലദായിനീരനായിട്ടുള്ളവൻ ലോകത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ നിവൃത്തിയിലിരിക്കുമെന്നാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതുകൊണ്ട് സംഘമില്ലാത്ത സ്വതന്ത്രനായി ഇ വിൽ ബി അബ് സൂട്ട്ലി അബവ് ഇറ്റ് ആ പ്രവൃത്തി എന്താണെന്ന് അയാൾക്ക് അറിയാൻ നിവൃത്തി അറിയാം ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് എന്ന് ശാസ്ത്രം എങ്ങനെ പറയണു അതുപോലെ ഇരിക്കും ദുര്യോധനനെ പോലെയല്ല ദുര്യോധനൻ പറഞ്ഞു ചെയ്യാൻ പാടില്ലാത്തത് എനിക്കറിയാം പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ല ചെയ്യേണ്ടത് അറിയാം പക്ഷെ ഞാൻ ചെയ്യില്ല ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി അധർമ്മം നജമേ നിവൃത്തി എന്റെ ദുര്യോധന എങ്ങനെയാ ചോദിച്ചാൽ അയാൾ ഉത്തരം പറയണത് എന്താ അറിയോ നമുക്ക് തന്നെ ഉത്തരം മുട്ടിപ്പോവും ദുര്യോധനം പറഞ്ഞു കേനാവി ദേവേന ഹൃദയസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി എന്റെ ഹൃദയത്തിലൊരു ദേവൻ ഇരുന്നു കൊണ്ട് എന്നെ എങ്ങനെ നടത്തിക്കണോ അങ്ങനെ നടക്കണോ അയാളുടെ അച്ഛനുണ്ടല്ലോ മൂപ്പര് തന്നെ പറഞ്ഞു ധൃതരാഷ്ട്ര ഭാഗവതത്തിൽ പറഞ്ഞു ഏതോ ഒരു ഭഗവാൻ ദുർവിമർശയാ നിജമായയാ എന്നൊക്കെ പറഞ്ഞു അറിയാൻ കഴിയാത്ത മായയുടെ മാർഗത്തിൽ നമ്മളെ വലിച്ചും കൊണ്ടുപോണു തസ്മൈ നമോ ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്രഗതയെ പരമേശ്വരായ ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്രഗതയെ പരമേശ്വരായ നമ എന്നാണ് ധൃദരാഷ്ട്ര പറഞ്ഞതാ ഭാഗവതത്തില് ഏതോ ഭഗവാൻ നടത്തിക്കണമെന്നാണ് എന്നാ എന്നാൽ സമാധാനമായിട്ടിരിക്കോ സമാധാനമായിട്ടിരിക്കാൻ വയ്യ ആരൊക്കെയോ വിളിച്ചു ഒരു ദിവസം ധൃതരാഷ്ട്രം പറഞ്ഞു എന്താ ഈ പ്രവൃത്തി നിവൃത്തി സംസാരം ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടും ഒരു വഴിയില്ല വിതുരരെ ഒന്ന് പറഞ്ഞു തരൂ വിദുരർ പറഞ്ഞു ഹേ ധൃതരാഷ്ട്രരെ താങ്കൾക്കൊരു കാര്യം പറഞ്ഞു തരാമോ ഒരാളുണ്ടായിരുന്നു ഒരു ബ്രാഹ്മണൻ അയാൾ ഒരു ദിവസം ഗാന്ധാര ദേശത്തിലേക്ക് പുറപ്പെട്ടു ഇയാളുടെ സ്വഭാവം എന്താന്ന് വെച്ചാൽ കുറച്ചു നേരത്തേക്ക് റോട്ടിൽ ശരിക്ക് പോകും പിന്നെ അത് കഴിഞ്ഞാൽ വഴി തെറ്റും വഴി തെറ്റുക ചിലർക്ക് സ്വാഭാവികമാണ് ഗുരുവായൂർക്ക് മൂന്ന് പ്രാവശ്യം പോയി വടക്കഞ്ചേരിയിൽ നിന്ന് റൂട്ട് തെറ്റിയതാണ് വട്ടം കറങ്ങിയിട്ട് ഗാന്ധാര ദേശത്തേക്ക് പുറപ്പെട്ടു ഈ ബ്രാഹ്മണൻ വഴിതെറ്റി എങ്ങനെയാ പോണ്ടെന്ന് അറിഞ്ഞില്ല അപ്പോ ആരോ ഒരാൾ പറഞ്ഞു നീ തിരിച്ച് പഴയ റൂട്ടിലാണ് വന്നിരിക്കണത് ഇങ്ങനെ പോകൂ ഗാന്ധാരത്തിലേക്കും അപ്പൊ അയാൾ പോയി കുറച്ചു ദൂരം പോയി പിന്നെയും വഴിതെറ്റി പിന്നെയും ഒരാൾ വന്നു വഴി കാണിച്ചു ഇയാളെ ശരിയായ വഴിയിലേക്കിട്ടു പോയി കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വഴിതെറ്റി ഇങ്ങനെ ഇയാൾ ഓടി ഓടി അവസാനം ഒരു കാട്ടിന്റെ ഉള്ളിലേക്ക് കയറി കാട്ടിൽ കയറിയപ്പോ പുലി ഇയാളെ ഓടിക്കാൻ തുടങ്ങി പുലി ഓടിക്കണത് ഓടിക്കാൻ തുടങ്ങിയതും ഇയാൾ ഓടി ഓടി ഓടി ഓടി പുലി ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പ്രാണഭയത്തോടുകൂടി ഓടുക അങ്ങനെ ഓടും വണ്ട് സുന്ദരിയായ ഒരു സ്ത്രീ മുമ്പിൽ വന്നു ഈ ഓടിക്കൊണ്ടിരിക്കണതിന് നടുവിലേ അവരിങ്ങനെ വഴിയിൽ വന്നിട്ട് ചോദിച്ചു നീ എന്നെ കല്യാണം കഴിക്കുവെന്ന് ചോദിച്ചു പുലിയെ മറന്നിട്ട് അടുത്തുള്ള പുളി മരത്തിന്റെ മുള്ളിൽ കയറി പുലി ചവിട്ടിൽ വന്ന് ഇരിപ്പായി ഈ സ്ത്രീ അവിടെ ദൂരത്ത് നിൽക്കണുണ്ട് ഈ പുലി പുളിമരത്തിന്റെ ചോട്ടന പുളി പറഞ്ഞു ഈ പുലി പറഞ്ഞു ഹേ ബ്രാഹ്മണ നിന്നെ ഞാൻ പെടില്ല നീ എത്ര ദിവസം ഈ മരത്തിന്റെ മേലെ ഇരുന്നോളൂ നിന്നെ ശാപ്തിട്ടേ ഞാൻ ഇവിടുന്ന് പോളൂന്ന് പുലി അവിടെയിരുന്നു അപ്പൊ ഇയാള് പുളിമരത്തിന്റെ മുകളിൽ അങ്ങടയ്ക്ക് നോക്കുമ്പോണ്ട് ഒരു വലിയൊരു കിണർ ചുവട്ടിലൊരു പാമ്പ് ഇങ്ങനെ പടം എടുത്തിട്ട് വലിയ സർപ്പായിരിക്കുന്നു മരത്തിന്റെ മേലെ ഇങ്ങനെയിരുന്നു അങ്ങടേക്ക് എങ്ങടെങ്കിൽ ചാടി രക്ഷപ്പെട്ടു പോകാൻ വെച്ച കിണറ് ചുവട്ടിൽ പുലി വായും പൊളിച്ചുകൊണ്ടിരിക്കണു അങ്ങട്ട് നോക്കിയാൽ ആ പെണ്ണിനെ കണ്ടാ ജീവിക്കണം ആഗ്രഹം ഇങ്ങനെ ഉറങ്ങി ഉറക്കത്തില് ചുവട്ടിലേക്ക് അങ്ങോട്ട് വീണു കിണറിന്റെ അടക്ക് അപ്പൊ പിടി കിട്ടിയത് ഒരു ആ വള്ളിയിൽ പിടിച്ച് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക അപ്പോഴെങ്കിലും വല്ല രക്ഷയുണ്ടോ എന്ന് ചോദിച്ചാ മോള് വെളുത്തതും കറുത്തതുമായ രണ്ട് എലികള് ആ വള്ളി ഇങ്ങനെ കരണ്ടുകൊണ്ടിരിക്കുക അപ്പുണ്ട് ഒരു വഴിയിൽ പോണ ആന വന്ന് ഈ പുളിമരത്തിനോട് അതിനൊരു പ്രതിപത്തി തോന്നി ഓരോ തുമ്പി കൈകൊണ്ട് ഇങ്ങനെ അടിക്ക പുളിമരത്തിന് ഇതിന്റെ ഇടയിൽ കൂടെയുണ്ട് ആ മരത്തിന്റെ മേലെ ഇങ്ങനെ തിരി തേൻ ഇങ്ങനെ ചൊട്ടി വീടുണ്ട് അത് നാക്ക് നീട്ടി ഇയാൾ കുടിക്കുക ഇതാണ് ജീവിതം ഇങ്ങനെ കുടിക്ക ഇതൊക്കെ കേട്ടപ്പോ ധൃതരാഷ്ട്ര പറഞ്ഞു ആരവിടെ നമ്മുടെ പട പോയി ആ ബ്രാഹ്മണനെ രക്ഷിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പൊ വിതുരൻ പറഞ്ഞോടൂ കുരുടാ അത് ബ്രാഹ്മണൻ ഒന്നും അവിടെ ഇല്ല നീ തന്നെയാണ് ഇത് നിന്റെ കഥയാണ് ജീവിതമാകുന്ന ഈ യാത്രയില് മരണമെന്ന് പുലി ഓടിച്ചു ഈ മായ എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടിട്ട് നീ സംസാരമാകുന്ന വൃക്ഷത്തിന്റെ മേലെ കയറി പുനർജന്മമാകുന്ന കെനറ്റിന്റെ ഉള്ള അജ്ഞാനമാകുന്ന സർപ്പം കാത്തുകൊണ്ടിരിക്കണ്ട് ആ വള്ളിയിൽ പിടിച്ചു തൂങ്ങി കിടന്ന രാപും പകലും ആകുന്ന വെളുത്തതും കറുത്തതുമായ എലികൾ ജീവിതമാകുന്ന ഈ വള്ളിയെ കരണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് സംവത്സരം ആകുന്ന ആന തുമ്പി കൈകൊണ്ട് ഓരോ അടിയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോ ഈ മരം വീഴുന്നറിയില്ല എപ്പോ വള്ളി പൊട്ടുന്നറിയില്ല ഇതിന്റെ നടുവിൽ ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ ടി വി ഓൺ ചെയ്ത് വെച്ച് ഒരു ക്രിക്കറ്റ് മാച്ച് കണ്ടുകൊണ്ട് നീ ഇതാണ് ജീവിതം ആ പരമലക്ഷ്യം മറന്നിട്ട് ഈ ടി ഓൺ ചെയ്ത് വെച്ച് എലക്ഷനാണ് അതാണ് ഇതാണ് സിനിമയാണ് കുറച്ചു ആഹാ ഇതാണ് ജീവിതം ഒരു വടയും ബജിയും ബോണ്ടൊക്കെ ഉണ്ടാക്കി ചാപ്പിട്ട് ജീവിതം സുഖം എന്നിട്ട് ഇരിക്കുന്നുണ്ടല്ലോ ഇതാണ് ഈ ഗാന്ധാരദേശ സാന്തോഗ്യോപനിഷത്തില് മഹാവാക്യോപദേശ സന്ദർഭത്തിൽ തന്നെ ഇതിന് പറയണ്ടേ ഗാന്ധാര ദേശത്തിലേക്ക് പോണതിന് ഇങ്ങനെയാണ് ജീവിതത്തിൽ മനുഷ്യന് അയാൾക്ക് പോകേണ്ട ലക്ഷ്യത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല ടോട്ടലി ഡിസിപ്ലേറ്റഡ് ഇഹത്തിലേക്ക് വേണ്ടതും ചെയ്യണില്ല പരത്തിലേക്ക് വേണ്ടതും ചെയ്യണില്ല ഒരു വിശ്രാന്തി ഇല്ല ധർമ്മ ധർമ്മം നേടിയെടുക്കാനുള്ള യത്നമില്ല ജ്ഞാനം നേടിയെടുക്കാനുള്ള യത്നമില്ല എന്തോ ജീവിച്ചു എന്ന് പറയണില്ലേ ചിലരൊക്കെ ചോദിച്ചാ എങ്ങനെ ഇരിക്കണോ അതാ പോണു നേരം വെളിച്ചാവണോ രാത്രിയാവണോ വെളിച്ചാവണം നന്ദന്തി ഉദിത ആദിത്യേ നന്ദന്തി അസ്തമിത്തെ രവൗ പ്രവൃത്തിയും അറിയില്ല നിവൃത്തിയും അറിയില്ല നിവൃത്തി മാർഗമുണ്ടെന്ന് അറിയില്ല ശാന്തിയുടെ ചെയ്യണം ഏത് ചെയ്യാൻ പാടില്ല എന്ന് നിശ്ചയില്ല ഭയപ്പെടേണ്ടതിനെ ഭയപ്പെടണില്ല ഏതിനെ ഭയപ്പെടരുതോ അതിനെ ഭയപ്പെടുന്നു സംസാരത്തിനെ ഭയപ്പെടണം ഭക്തിർഭവേ മരണജന്മ ഭയം ഹൃദിസ്ഥം സ്നേഹോന ബന്ധുഷു മന്മഥ ജാ സംസർഗോഷരഹിത വിജനാവനത്ത വൈരാഗ്യമസ്തി കിമ പരമർഥനീയം ഭർത്തൃഹരി ചോദിച്ചു എന്തൊക്കെയാ വേണ്ടത് ഭക്തിർഭവേ ശിവൻ ഭക്തി ശിവഭക്തി ഹൃദയത്തിൽ മരണജന്മ ഭയം നാണ് വീണ്ടും ജനനം മരണം പുനരപി ജനനം പുനരപിടി മരണം പുനരപിടി ജനനി ജരെ ശയനം ഇതിൽ വീഴാൻ പാടില്ല എന്നൊരു ഭയം ഉള്ളില് ഭയം എന്ന് പറയണതും ഒരു ഒരു പ്രകൃതിയിലുള്ള വികാരമാണ് അത് വെക്കേണ്ട സ്ഥലത്ത് അതിന് വെക്കണം സ്നേഹോണബന്ധുഷ് അറ്റാച്ച്മെന്റ് ഇല്ല നമ്മളെ വിഷമിപ്പിക്കുന്നവരോട് അറ്റാച്ച്മെന്റ് ഇല്ല നമന്മതജാ വികാരാഹർമ്മത്തിന് വിരുദ്ധമായ കാമം ബുദ്ധിമുട്ടിക്കണില്ല ഉള്ളില് സംസർഗോഷരഹിതാ വിജനാവനാന്താഹ ഏകാന്തമായി വനാന്ത വനാന്തരത്തിലെ ഏകാന്തത്തിലെ സുഖമായിട്ടിരിക്കുന്നു നല്ല വൈരാഗ്യം കൂട്ടിന് ഭഗവത് ധ്യാനം ഹൃദയത്തിലെ ഇനി എന്ത് വേണമെന്നാണ് ചോദിക്കണത് ഇനി എന്ത് വേണം ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം ഇനി എന്ത് വേണം അതാണോ മനുഷ്യന് വേണ്ടത് എന്നാണ് അപ്പൊ ഭയം എവിടെ വേണോ അവിടെ ഭയം വേണം ഇയാൾക്ക് വേറെ എവിടെക്കോ ഭയം ഭോഗേ രോഗഭയം കുലേ ഛുതിഭയം വിത്തേ നൃപാലാദ് ഭയം മാനേ ദൈന്യഭയം ബലേ റിപുഭയം रूपे जराया ഭയം शास्त्रे വാദിഭയം ഗുണേ ഖല काये കായേ കൃത सर्वं വസ്തു ഭയാന്വിതം ഭുവി നൃടം വൈരാഗ്യമേവാ ഭയ ധാരാളം ഭോഗവസ്തുക്കൾ ഉണ്ടെങ്കിലെ സമൃദ്ധമായി ധനം ഉണ്ടെങ്കിൽ ഭയലാതിരിക്കോ ഏറ്റവും പേടിച്ചിട്ടുള്ള ഒരു രാ നേഷൻ ആണ് ഇപ്പൊ അമേരിക്ക എന്ന് പറയണത് രാവും പകലും പേടിയ ഒരു ഊശാന്ത അടിയോടെ ഒരാൾ വന്ന ആരോ ചെയ്യുന്ന കുറ്റത്തിന് ആരെങ്കിലും ഒരാളെ പിടിച്ചുള്ളിൽ ഇട്ട് കളയും എന്താന്ന് കണ്ട പേടിയാണ് എന്റെ ഭയത്തിന് കാരണം എല്ലാ ഭോഗ സാമഗ്രികളും ഉണ്ട് എല്ലാ സുഖമുണ്ട് അപ്പൊ ജീവിതത്തിൽ ഇനിയും ആസക്തി തൃഷ്ണ ഉണ്ട് എന്തെങ്കിലും പോയിക്കളയോ പേടിയാണ് അവരുടെ ഭയം നമുക്ക് മനസ്സിലാവുകയില്ലേ നമ്മുടെ നാട്ടുകാർക്കൊന്നും ഒരു ഒരു ഓർഡറും എത്ര കല്യാണം കഴിച്ചു എത്ര കുട്ടികളുണ്ടെന്ന് അവർക്ക് ഇതിന് നിശ്ചയമില്ല ഋഷികൾ എത്ര വലിയ അനുഗ്രഹം ചെയ്തു തന്നിരിക്കണം അവർ നമ്മളായിട്ട് ഇതൊക്കെ കളഞ്ഞു കുളിക്കാൻ പോവാണ് ഇനി എത്ര വർഷം ഉണ്ട് അവരെ പോലെ നമ്മളാവാൻ എന്നുള്ള ഒരു ചോദ്യമേ ഉള്ളൂ നമ്മളുടെ മുമ്പിൽ ഇതൊന്നും ഇനിയിപ്പോ കരഞ്ഞിട്ട് കാര്യമില്ല തലയിൽ എഴുത്ത് അനുഭവിക്കുക ഒരു ഒരു വരമ്പ് വെച്ചു ആ വരമ്പ് നമ്മൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ ലിമിറ്റേ ഇല്ല ട്രാക്കിൽ പോണവരെ റെയിനിൽ ട്രെയിനിന് ഒരു ഡെസ്റ്റിനി ഉണ്ട് ടെർമിനസ് ഉണ്ട് ട്രാക്കെന്ന് പുറത്തു വന്ന ട്രെയിൻ എവിടേക്ക് വേണമെങ്കിൽ പോകാം അതാണ് പ്രവൃത്തി നിവൃത്തി ഒക്കെ ശാസ്ത്രം വിധിച്ചു അതാണ് പ്രവൃത്തി ശാസ്ത്രം വിധിച്ചു അതാണ് നിവൃത്തി എന്ന് പറയാൻ കാരണം നമ്മളായിട്ടൊന്നും പ്രവൃത്തി നിവൃത്തി പറയല്ല ശാസ്ത്രം ഇന്ന പ്രവൃത്തി ചെയ്യണമെന്ന് അത് പ്രവൃത്തി ശാസ്ത്രം എന്താണ് അതിന് രാഗദ്വേഷൊന്നുമില്ല നമുക്ക് നല്ലത് കണ്ടതിനെ ചിലതിനെ ഒക്കെ പറഞ്ഞു നിവൃത്തി ശാസ്ത്രം തന്നെ വിധിച്ചു എപ്പോ നിവർത്തിക്കണം എന്ന് വിധിച്ചു എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് വിധിച്ചു ഭയം എവിടെ ഭയപ്പെടണം പുനർജന്മത്തിനെ ഭയപ്പെടണം എന്ന് നല്ല കുലത്തിൽ ജനിച്ചാൽ കുലത്തിന് പേരുദോഷം വരുമോന്ന് ഭയം പണം പോവോ ഭയം മരണത്തിനെ ഭയം യൗവനം പോയി പോകുവോന്ന് ഭയം വാർദ്ധക്യത്തിനെ ഭയം മോഡേൺ വേൾഡിലെ മൊത്തത്തില് ഭയമാണ് ഗംഭീരമായ അപ്പാർട്ട്മെന്റ് കെട്ടിവെച്ചിട്ട് ഈ അപ്പാർട്ട്മെന്റ് ഫ്ളാറ്റ് വാങ്ങിച്ച ആൾക്ക് തന്നെ ഉള്ളിൽ പോണെങ്കിൽ സകലതും ചെക്ക് ചെയ്തിട്ടുമാണ് ഉള്ളിൽ പോവാൻ മനുഷ്യന് മനുഷ്യന് വിശ്വാസമില്ലാതായിരിക്കണം നമ്മൾ പോയി നിന്നാ പോലെ ഒരു പേപ്പർ കാണിക്കണം ആധാറും നിരാധാരം ഐ ഡി കാർഡ് കാണിക്കൂ ആധാർ കാർഡ് കാണിക്കൂ ഈ കാർഡ് കാണിക്കൂ ഒരു കടലാസ് തുണ്ടിനെയാണ് വിശ്വാസം You have no trust in human being. ഇതൊക്കെ എന്തിനാ തീവ്രവാദികൾ അവർ ആദ്യം ഇതൊക്കെ വാങ്ങിവെക്കും ഭംഗിയായിട്ട് നമ്മളാണ് ഈ വയസ്സ് കാലത്തുള്ളവർ ഓരോരുത്തർ ബുദ്ധിമുട്ടണം കാണുമ്പോ വിഷം വന്നു എത്ര സുഖമായിട്ട് ഇരുന്നതാ അല്ലേ എന്തൊക്കെ നിയമങ്ങൾ എന്തൊക്കെ എല്ലാത്തിനും പുറകിൽ എന്താ ഭയം ഭയപ്പെടാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് നോക്കുന്നത് എല്ലായിടത്തും സേഫ്റ്റി സെക്യൂരിറ്റിയൊക്കെ ഇട്ട് എന്നിട്ട് മരണം വരാതിരിക്കോ വ്യാധി വരാതിരിക്കോ എന്തെങ്കിലും ഒന്ന് കുറഞ്ഞിട്ടുണ്ടോ പറയൂ മരിക്കാതിരിക്കുന്നുണ്ടോ വ്യാധി വരാതിരിക്കണുണ്ടോ എന്തെന്താണ് നമ്മൾ രക്ഷപ്പെട്ടത് കുറെ ഭയം ഉണ്ടാക്കി തീർത്തു ഭയപ്പെടേണ്ടത് അജ്ഞാനത്തിനെയാണ് അതിനെ ഭയമേയില്ല അധ്യാത്മത്തിനെ കണ്ടാ ഭയപ്പെടും അയ്യോ അതിപ്പോഴൊന്നും പോകാൻ പാടില്ല ഇപ്പോഴെന്തിനാ പോകണത് ഇപ്പഴെന്തിനാ ഭഗവത്ഗീത പഠിക്കണത് വയസ്സൊന്നും ആയിട്ടില്ലല്ലോ അത് വയസ്സായ ശേഷം ഇപ്പോഴല്ലേ ശതാഭിഷേകം കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് എൺപത് വയസ്സ് ഇപ്പോഴേ കഴിഞ്ഞിട്ടുള്ളു അഭയേ ഭയദർശനാ വിദ്യാരണ്യസ്വാ ഗൗഡപാദാചാര്യർ പറഞ്ഞു ഭയപ്പെടാൻ പാടില്ലാത്തതിനെ ഭയപ്പെടുന്നു ദൈവത്തിനെ ഭയപ്പെടുന്നു ലോകത്തിനെ മായയെ കണ്ട് ഒരു ഭയം ഇല്ലാന്നു കൂസലില്ലാതിരിക്കുക ഇയാൾക്ക് ഏത് ഭയപ്പെടണമെന്ന് ഇയാൾക്ക് അറിയണില്ല അല്ലെ ഒരു വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ആഴുണ്ടോ ഭയപ്പെടണം അത് ഇന്റലിജൻസാണ് കാല് വെച്ച് നോക്കണം എത്ര ആളുണ്ടോന്ന് നോക്കണം അത് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോവാദിയാണോ ഭയപ്പെടണം അപ്പൊ ആ ഭയം അറിയില്ല ഇതിനെ കുറിച്ച് ചിന്തയില്ല മാത്ര ബന്ധം മോക്ഷം ഇത് രണ്ടും അറിയും ബന്ധം മോക്ഷം ചെയ്യാവേത്തി പ്രവൃത്തി എന്താണെന്ന് ഇയാൾക്കറിയാം നിവൃത്തി എന്താണെന്ന് അറിയാം ചെയ്യേണ്ടത് എന്താണെന്നറിയാം ചെയ്യാൻ പാടില്ലാത്തത് അറിയാം ഭയം എന്താണെന്നറിയാം അഭയം എന്താണെന്നറിയാം അഭയം രണ്ടില്ലാത്ത സ്ഥിതിയാണ് അഭയം അദ്വൈതമാണ് അഭയം ജനകന് സാക്ഷാത്കാരം വന്നപ്പോ യാജ്ഞവൽക്കയൻ പറഞ്ഞു അഭയം വൈ ജനക പ്രാപ്തോസി ഹേ ജനക നീ ഭയമില്ലാത്ത വസ്തുവിനെ പ്രാപിച്ചിരിക്കുന്നു യു ഹാവ് അറ്റൈൻഡ് ഫിയർലെസ്നെസ് ഈശ്വരനെ ശരണാഗതി ചെയ്യുമ്പോ ഭയം അങ്ങോട്ട് പോണു അപ്പോ ഭയം പാപം ചെയ്യാൻ ഭയം വേണം ലജ്ജവണം പരമാർത്ഥത്തില് ഭയം വരാൻ പാടില്ല അതുപോലെ ബന്ധം മോക്ഷം ഈ ബന്ധം എന്താണ് മോക്ഷം എന്താണെന്ന് അറിയണു ബന്ധം ഈ സംസാരം ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ അജ്ഞാന സ്ഥിതിയെ നല്ലവണ്ണം കണ്ടറിഞ്ഞ് ഇതിൽ നിന്നും നിവൃത്തമാകാനും സ്വതന്ത്രമാകാനും ഉള്ള ഒരു വഴിയുണ്ടെന്നുള്ള ഒരു ഒരു ക്ലൂ ഉള്ളിലൊരു ഇന്റിമേഷൻ ഉള്ളിലുണ്ട് മോക്ഷം ചെയ്യാവർത്താത്വികി ബുദ്ധി സാത്വികമാണെങ്കിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ കർമ്മയോഗിയായിട്ട് ചെയ്യും കറക്റ്റ് സമയത്ത് അയാളെ നിവൃത്തനാകും തനിക്ക് തന്റെ കുലം സംസ്കാരം ഇന്ദ്രിയ ശക്തി തേജസ് ഇതൊക്കെ ക്ഷയിപ്പിക്കുന്ന വസ്തുക്കളെ അയാൾ ഭയപ്പെടും ജ്ഞാനം കൊണ്ട് ഭയമില്ലാത്തവനായിട്ടിരിക്കും ബന്ധം എന്താണെന്ന് അയാൾക്കറിയാം ബന്ധത്തിൽ നിന്ന് നിവൃത്തിക്കാനുള്ള മാർഗമാണ് ശാസ്ത്രം പറയണതെന്ന് അറിയണത് കൊണ്ട് അയാൾ ഗീതയും ഉപനിഷത്തും ഭാഗവതവും ഒക്കെ സമയത്തിന് വേണ്ട പഠിച്ചുകൊണ്ട് ശാസ്ത്രത്തിന്റെ ബലത്തോടുകൂടെ അയാൾ ജീവിതം ധന്യമാക്കി തീർക്കും അയാൾക്ക് നല്ലവണ്ണ അറിയാം മുക്തി എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണെന്ന് അറിയാം അതുകൊണ്ട് ആത്മവിചാരം ചെയ്യും ജ്ഞാനവിചാരം ചെയ്യും ഇങ്ങനെയൊക്കെ ഉള്ള തെളിഞ്ഞ അറിവിനെ സാത്വികമായ ബുദ്ധി എന്ന് പറഞ്ഞു ഇതിപ്പോ ഗീതയിൽ എന്തിനാ പറയണത് എന്ന് വെച്ചാൽ ഇതില്ലെങ്കിൽ ഇത് വളർത്തിക്കൊള്ളുക എന്നാണ് പ്രവൃത്തിയെ യോഗമാക്കി ചെയ്യുക അത് ഗീതയിൽ പറഞ്ഞു നിവൃത്തി എന്ന് പറയണത് ജ്ഞാനമാണ് അതിനെയും ഭഗവാൻ പറഞ്ഞു ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്നുള്ളത് ശാസ്ത്രം വിധിവലക്ക് ധാരാളം പറഞ്ഞിട്ടുണ്ട് വിഹിതം പ്രതിഷിദ്ധം ഭയാഭയമെന്ന് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു ദ്വിതീയാത് വൈ ഭയം ഭവതി രണ്ടുണ്ടോ ഭയണ്ട് ഭീതി നാമദ്വിതീയാത് ഭവതി രണ്ടുണ്ടോ അന്യമായ ഒരു വസ്തുണ്ടോ ഭയുണ്ട് ആത്മാവിൽ നിന്ന് അന്യമായൊരു പൊരുളില്ലെന്ന് അറിയുമ്പോൾ ഭയല്ല ബന്ധമെന്ന് പറയുന്നത് ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതിനെയൊക്കെ സ്വരൂപത്തിൽ കയറ്റിവെച്ച അതൊക്കെ ഞാനാണെന്ന് ഭ്രമിക്കുന്നത് ബന്ധം ഇതൊന്നും ഞാനല്ല ഞാൻ നിത്യ ശുദ്ധ ബുദ്ധ മുക്തസ്വരൂപമായ വസ്തുവാണ് ബ്രഹ്മമാണ് അഖണ്ഡമായ പൂർണ്ണമായ ബോധമാണ് എന്നറിയണത് മോക്ഷം ഈ അറിവ് ഹേ പാർത്ഥ മായ ബുദ്ധിയിലെ തെളിയും ബുദ്ധി പ്യൂരിഫൈഡ് ആണെങ്കിൽ തപസ് കൊണ്ട് ബുദ്ധി സംശുദ്ധം പവിത്രം പാവനമായിട്ട് തീരുമ്പോ ആ ബുദ്ധിയിലെ ഇതൊക്കെ വരും ഹേ പാർത്ത് ആ ബുദ്ധി സാത്വികം എന്ന് പറഞ്ഞു അടുത്തത് നോക്കൂ രാജസം യയാധർമ്മമധർമ്മ അയഥാവ ധർമ്മത്തിനെയും അധർമ്മത്തിനെയും ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും ഒക്കെ തലകീഴായിട്ട് ഇയാൾ മനസ്സിലാക്കി വെക്കുമോ ഇയാള് മനസ്സിലാക്കും പക്ഷെ എല്ല റിവേഴ്സ് ആയിട്ട് മനസ്സിലാക്കി വെക്കും സ്വാമി രാമതീർത്ഥൻ പറയേണ്ടത് ഒരു ഒരു മതസ്ഥൻ അയാള് കള്ളു കുടിച്ചിട്ട് പോവാണ് അപ്പൊ അവരുടെ മതാചാര്യൻ വഴിയിൽ വന്ന് തടസ്സം ചെയ്തിട്ട് ഹേയ് താൻ വലിയ പാപ അറിയോ മതപുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കണത് എന്ന് ചോദിച്ചു അപ്പൊ ഇയാള് പറഞ്ഞു നമ്മളുടെ മതപുസ്തകത്തിൽ പറഞ്ഞിരിക്കണ പോലെയാണ് ഞാൻ ചെയ്യണത് നീ കുടിക്കൂ നീ ദുരാചാരിയായിട്ടിരിക്കൂ നീ പരദ്രവ്യം അപഹരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞെട്ടിപ്പോയി ഈ മതാചാര്യൻ പുരോഹിതൻ അയാള് ചോദിച്ചു ഇതെവിടെയാ പറഞ്ഞാൽ അയാൾ എടുത്ത് കാണിച്ചു കൊടുത്തു പേജില് നീ കുടിക്കൂ നീ ദുരാചാരിയായിരിക്കൂ നീ പരദ്രവ്യം അപഹരിക്കൂ നീ നരകത്തിൽ പോകും എന്ന് വന്ന് പിന്നാലുണ്ട് അപ്പൊ പുരോഹിതൻ ചോദിച്ചു രകത്തിൽ പോകുന്നുള്ള മുഴുവൻ നമുക്ക് പ്രായോഗിക ആക്കാൻ പറ്റുമോ ഫസ്റ്റ് ഹാഫ് ഞാനിപ്പോ പ്രായോഗിക ആക്കിക്കൊണ്ടിരിക്കണം ഒരാള് ഗീതയെ തന്നെ കോട്ടീത്തു ഗീതയിൽ എന്താ പറഞ്ഞിരിക്കണെ എല്ലാ ധർമ്മമിട്ട് തോന്നിയ സർവധർമാൻ പരിത്യജ്യ യഥേച്ഛസി ഗീതയെ രണ്ട് സ്ഥലത്തുനിന്ന് എടുത്തു ഇതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത് ഇത്രയൊക്കെ ബുദ്ധിവൈഭവം എവിടെ നിന്ന് വന്നു തമോ ഗുണം ഇരുട്ട് തലയിലേക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് രജോ ഗുണം കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് അയഥാവത് പ്രചാനാദി ഇല്ലേ ഇപ്പൊ ശാസ്ത്രത്തിനെയൊക്കെ ഇപ്പൊ ഗീത പറഞ്ഞു കേൾക്കുമ്പോൾ യുദ്ധഭൂമിയിൽ വെച്ച് കൃഷ്ണനെ ഇങ്ങനെ ഉപദേശിക്കാൻ പറ്റുമോ ഗീത മഹാഭാരതത്തിൽ ഉള്ളതാണോ അല്ല ഇന്റർപ്രൊളേഷൻ ആണോ ഇതൊക്കെയാണ് രജോ ഗുണം നമുക്ക് മോക്ഷമാർഗമുണ്ട് അതൊന്നും നോക്കാതെ ഇത് വ്യാസൻ എഴുതിയതാണോ കൃഷ്ണൻ പറഞ്ഞതാണോ ശങ്കരാചാര്യർ ഭാഷ്യം എഴുതിയിട്ടുണ്ടോ ശങ്കരാചാര്യർ എന്ത് ഇതൊക്കെ നമുക്ക് വെള്ളക്കാരൻ പുറത്തുനിന്ന് പറഞ്ഞു തന്ന സമ്പ്രദായ നമുക്കിവിടെ ശ്രദ്ധ വിശ്വാസം പറഞ്ഞ വഴിയിൽ നടക്കുക സമാധാനായിട്ടിരിക്കുക ഇതില്ലാതെ ഈ വേണ്ടാത്ത ചോദ്യം ചോദിക്ക ശങ്കരാചാര്യർ ബി ആണോ എ ആണോ ശങ്കരാചാര്യർ പറഞ്ഞോളൂ ജനനവുമില്ല മരണവുമില്ല ഇത് വെറും ഭ്രമമാണ് ഈ ജനനം മരണമെന്ന് പറഞ്ഞ ആളെ കുറിച്ച് എ സി ആണോ ബി ഡി ആ അതാണ് സണ്ട ഇപ്പൊ ബി സി ആണോ എ ഡി ആണോ എന്നാണ് സണ്ട ആരെങ്കിലും ഒരാൾ ഒരളവ് പോലെ വെക്കുകയാണെങ്കിൽ ഇപ്പൊ ബി എന്ന് പറഞ്ഞാൽ എന്താ ആർക്കെങ്കിലും വലതും അറിയോ ജീസസ് ക്രൈസ്റ്റിന് ബിഫോർ ക്രൈസ്റ്റ് അപ്പൊ ക്രൈസ്റ്റിന് നിശ്ചയിച്ചു അതിലാർക്കും സംശയമൊന്നുമില്ല അതാണ് ടെക്നിക്കേ അതാണ് അതിന്റെ പുറകിലുള്ള സീക്രെട്ട് രണ്ടായിരം വർഷമാണോ ആയിരം വർഷമാണോ എന്തൊരു തലയിലെത്തല്ലേ ഈ പ്രപഞ്ചം കാലം എന്ന് പറയുന്നത് ബ്രെയിനിലുള്ളവരും ഒരു തോന്നലാണ് ടൈം എന്ന് പറയണത് വെറും ഒരു ഭ്രമാണോ അതിനെ ലവം നിമിഷം തൊട്ട് തുടങ്ങി ദിവസം മാസം പക്ഷം മാസം സംവത്സരം എന്നിങ്ങനെ പോയിട്ട് അതൊരു വലിയ ഭ്രമമായിട്ട് തീർന്നു എന്നിട്ട് അതിനെ കണക്കെടുക്കുക അതിനെ റിസർച്ച് അല്ലെ കാക്കദന്ത പരീക്ഷാരൂപം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു ഒരാൾ റിസർച്ച് ചെയ്തു അത്ര പല്ലുണ്ട് അതാണ് റിസർച്ച് ഇതാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയും കോളേജുകളൊക്കെ ചെയ്യണത് വേദാന്തത്തിൽ റിസർച്ച് ആണ് വേദാന്തത്തിൽ എന്ത് റിസർച്ച് ചെയ്യും അത് ഓൾറെഡി ഉണ്ട് പെർഫെക്റ്റ് ആണ് പൂർണ്ണമാണ് നീ അറിയണമുള്ളിൽ കണ്ടെത്തണം അത്രേ ഉള്ളൂ അതിനെ പോയിട്ട് ഇപ്പൊ മാറ്റി ബ്രഹ്മത്തിനെ ആത്മാവും ആത്മാവിനെ ബ്രഹ്മവും ആക്കി മാറ്റാൻ പറ്റുമോ ഒന്നും ഉള്ളതുണ്ട് തന്നെ പ്രകൃതിയിലെല്ലാം പെർഫെക്റ്റ് ആണ് പൂർണമാണ് പക്ഷെ അതിനെ എന്തെങ്കിലുമൊക്കെ ഏടാകൂടമാക്കി മാറ്റിയാൽ അതിന് പേരാണ് റിസർച്ച് ഈ ഗൈഡ് ചെയ്യുന്ന ഗൈഡിനും ഇതിനെ കുറിച്ച് യാതൊരു നിശ്ചയമില്ല ചിലരൊക്കെ റിസർച്ച് എടുക്കാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ട് എന്റെ അടുത്ത് വന്ന് ചോദിക്കും എന്ത് റിസർച്ചാ ചെയ്യേണ്ടത് അതേ നിനക്ക് നിശ്ചയില്ല പിന്നെ എന്തിനാ റിസർച്ച് ചെയ്യാൻ പോണത് റിസർച്ച് എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു വിഷയത്തിൽ ഒരു ഇൻട്രസ്റ്റ് സംശയം വരണം എന്നാൽ റിസർച്ച് ചെയ്തിട്ട് കാര്യണ്ട് റിസർച്ച് എന്താ ചെയ്യേണ്ടത് ഇയാൾ ചോദിച്ചു ഇയാൾക്ക് എന്തിനാ റിസർച്ച് വെറുതെ ഒരു ഡോക്ടറേറ്റ് വാങ്ങിക്കാനായിട്ട് ശാസ്ത്രം പെർഫെക്റ്റ് ആണോ അത് എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അത് അതേപോലെ അറിയണം അത് തലകീഴായി നിങ്ങളുടെ ബുദ്ധിക്ക് തോന്നിയ പോലെ നിങ്ങളുടെ ഉള്ളിലുള്ള വാസനക്കനുസരിച്ച് മനസ്സിലാക്കിയാൽ അത് രാജസീ അത് ഫലം തരില്ല അതിന് ശരിയായ ഫലം ഉണ്ടാവില്ല അയഥാവത് പ്രജാനാതി എങ്ങനെയുണ്ടോ അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ അതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ കൽപ്പിച്ചർത്ഥം അതാണ് ഈ മാഗസിൻസിന്റെ കുഴപ്പം മഹാപുരുഷന്മാര് അധ്യാത്മവിഷയങ്ങൾ പറയുമ്പോൾ എഴുതുമ്പോൾ അവരുടെ അനുഭൂതിയിൽ നിന്ന് പറയും റെയർ ആയിട്ട് എഴുതി വെക്കും അത് പെർഫെക്റ്റ് ആണ് പക്ഷെ മാഗസിൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാസമാസം ആരെങ്കിലും എഴുതിയാവണം ആഴ്ചയ്ക്കാഴ്ചക്ക് എഴുതണം അപ്പൊ എന്താ തോന്നുന്നതൊക്കെ എഴുതും ഇതിനെക്കുറിച്ച് വായി തോന്നിയത് എഴുതും അറിയാത്തവരെഴുതും സാക്ഷാത്കാരമില്ലാത്തവർ അനുഭവം ഇല്ലാത്തവരെഴുതും ശാസ്ത്രജ്ഞാനമില്ലാത്തവരെഴുതും മുഴുവൻ കൺഫ്യൂഷനാണ് അധ്യാത്മത്തിലെ മാഗസിൻ ശരിയാവേയില്ല വളരെ റേറായിട്ടേ ഉള്ളൂ അത് അതേ പരമ്പരയിൽ അതെ നമുക്ക് ശാസ്ത്രമുണ്ട് അത് ആ ശാസ്ത്രം പറയണത് എന്തോ അത് അതേപടി മനസ്സിലാക്കാൻ ശാസ്ത്രം തന്നെ വേണം അതിന് നടുവിലൊന്നും വരാൻ പാടില്ല അതെങ്ങനെയുണ്ടോ അതേപടി യഥാവത്ത് ധർമ്മം എന്ത് ശാസ്ത്രം അനുശാസിച്ചിട്ടുണ്ടോ അങ്ങനെ ധർമ്മം അധർമ്മമെന്താണെന്ന് ശാസ്ത്രം പറയുന്നത് എന്താണോ അത് അധർമ്മം കാര്യം എന്താണെന്ന് ശാസ്ത്രം പറയുന്നത് കാര്യം ചെയ്യാൻ പാടില്ല എന്ന് ശാസ്ത്രം എന്ത് പറയണോ അത് ചെയ്യാൻ പാടില്ല ഇങ്ങനെ അത് അതേപടി മനസ്സിലാക്കുന്നതിന് പകരം തലകീഴായി മനസ്സിലാക്കിയാൽ ബുദ്ധിക്ക് തോന്നിയ പോലെ മനസ്സിലാക്കിയാൽ ബുദ്ധി രാജസിന്ന് പറഞ്ഞു ശരിക്കല്ലാതെ മനസ്സിലാക്കിയാൽ നി തമോ ഗുണം എന്താ അടുത്തു നോക്കൂ അധർമ്മം യാ മന്യത്തെ തമസാവൃ സർവാർ വിപരീത ബുദ്ധി സാർ താമസീ ഇത് ടോട്ടലി പ്രോബ്ലമിസ്റ്റിക് ആണ് അധർമ്മത്തിനെ ധർമ്മമെന്ന് നിശ്ചയിക്കും എല്ലാ വിഷയങ്ങളെയും വിപരീതമായിട്ട് ധരിക്കും ബുദ്ധിയിൽ ഇത് നമുക്ക് നോക്കൂ നമ്മളുടെ ഫിസിക്കൽ എലമെന്റിൽ തന്നെ കുഴപ്പം വരുമ്പോൾ ആ ആളുകളുടെ ബ്രെയിൻ അങ്ങനെ പ്രവർത്തിക്കും അതുകൊണ്ടാണ് നമ്മൾ ഋഷികൾ പണ്ടൊക്കെ നേരിട്ട് അങ്ങോട്ട് ക്ലാസ് ഒന്നും എടുക്കില്ല അവര് ശിഷ്യന്റെ അടുത്ത് പറയും കുറച്ചുകാലം ഇവിടെ വന്ന് ഇരിക്കുകയെന്ന് പറയും അവന് യോഗ്യതയില്ലെങ്കിൽ അവൻ കുറെ കഴിയുമ്പോൾ അവനെ വിട്ടുപോകും കുറെ കഴിയുമ്പോൾ അവന് തയ്യാറായി തയ്യാറെടുപ്പായി കഴിഞ്ഞാൽ ആ മനസ്സിലാക്കാനുള്ള കരണമുണ്ടല്ലോ പ്രമാകരണം അത് സംശുദ്ധമായി കഴിഞ്ഞാൽ ഇയാൾക്ക് ശാസ്ത്രം വേണ്ട വിധത്തിനുള്ളിൽ പോകും ഇല്ലെങ്കിൽ എന്താവെന്ന് വെച്ചാൽ ഇയാൾ ഏത് പ്ലെയിനിലിരിക്കണു ഇപ്പൊ ഇത്ര ആളുകൾ വന്നിരിക്കണു എന്തൊക്കെയാ മനസ്സിലാവുക നമുക്ക് നിശ്ചയില്ല ഇതൊരു സമ്പ്രദായം നമ്മൾ പറയണോ അത്രേ ഏതേത് ഓരോരുത്തരും ഓരോ പ്ലെയിനിലാണ് ഇരിക്കുക അവരവരി പ്ലെയിനിൽ നിന്നും അവര് പിടിച്ചെടുത്തിട്ട് ഇന്റർപ്രറ്റ് ചെയ്യും അപ്പൊ അത് സാത്വികമാണെങ്കി ഡയറക്റ്റ് ആയിട്ട് പോകും രജോ ഗുണമാണെങ്കി ഉണ്ടാവും തമോ ഗുണമാണെങ്കി തലകീഴായിട്ട് മനസ്സിലാക്കും വിപരീതാൻ ശബുദ്ധി പാർത്ഥതാമസി അധർമ്മത്തിനെ ധർമ്മമെന്ന് ധരിക്കും എന്തെങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യാതെ ഒക്കെ അലങ്കോലമാക്കി തീർക്കും അതാണ് തമോ എന്ന് പറഞ്ഞത് ഇനി അടുത്തത് ധൃതിയാണ് വിൽ പവർ അത് നമ്മൾ അടുത്തത് കാണേണ്ടത് ഇതിന്റെയൊക്കെ ലക്ഷ്യം മനസ്സിനെ സ്വരൂപോന്മുഖമാക്കലാണ് ഞാൻ ആര് എന്റെ സ്വരൂപം ബുദ്ധി നല്ലവണ്ണം തെളിഞ്ഞു കഴിയുമ്പോൾ ചിത്തം ശുദ്ധമാവുമ്പോൾ ആത്മജ്ഞാനം ഉണ്ടാവും അവനവന്റെ സ്വരൂപം എന്താണ് എന്നറിയും ഉപാധിയിൽ നിന്നും ഭിന്നമായിട്ട് ശരീരത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് നമ്മളുടെ ഉള്ളില് പരമാത്മ ഈശ്വരൻ സദാ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ എത്രയോ ജന്മങ്ങളായിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞ് ഒരു വസ്തുതയാണ് അകത്തൊരു മഹാമന്ത്രം ധ്വനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അഹം അഹം അഹം എന്ന് പറഞ്ഞു അതിൻ്റെ പൊരുളെന്താണെന്ന് ആരായാതെ വെളിയിലുള്ള വിഷയങ്ങളൊക്കെ ആരാഞ്ഞ് നമ്മൾ ഇത്രകാലം കഴിച്ചുകൊട്ടി ആദ്യമായിട്ട് ആ വാർത്ത നമ്മളെ ചെവിയിൽ വീഴുകയാണ് ഞാൻ എന്നുള്ളത് ഏറ്റവും വില പിടിച്ച സാധനമാണ് രമണ മഹർഷിയുടെ അടുത്ത് ഈശ്വരനെ കുറിച്ച് ചോദിക്കുമ്പോൾ പോലും മഹർഷി പറയും ഈശ്വരനെ ഇല്ല ഉണ്ട് എന്ന് പറഞ്ഞ് വാദിക്കും പക്ഷെ അവനവൻ ഇല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും അവനവന്റെ അസ്തിത്വം അനുഭവമാണ് ഞാൻ ഉണ്ട് എന്നുള്ളത് എല്ലാവരുടെയും അനുഭവമാണ് ഈ ഞാൻ എന്താണെന്ന് നോക്കൂ കയ്യ് കാല് ഒക്കെ പിരിച്ചെടുത്താലും ഞാൻ എന്നുള്ള അനുഭവം സൂര്യനെ പോലെ സൂര്യനേക്കാളും തെളിവായിട്ട് ഉള്ളിലുണ്ട് സൂര്യനെങ്കിലും കണ്ണടച്ചാൽ അറിയില്ല രാത്രി അറിയില്ല ഇത് രാത്രിയും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഒക്കെ മാറാതെ അസ്തിത്വം മാത്രമായിട്ട് ഇരുപ്പായിട്ട് നമ്മളുടെ ഉള്ളിൽ അനുഭവമായിട്ട് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ അഹം ആ ബോധം ആ ഞാൻ എന്നുള്ള അസ്തിത്വം അതിന്റെ സ്വരൂപത്തിനെ ആരാഞ്ഞ് അറിയുന്നതാണ് ബ്രഹ്മവിദ്യ അതിന് ബുദ്ധിക്ക് തെളിച്ചം വരുമ്പോൾ ആ ബുദ്ധി സാത്വികം കർമ്മത്തിനെ അതിനനുസരിച്ച് ചെയ്യുമ്പോൾ ആ കർമ്മം യോഗമായിട്ട് മാറും മനസ്സിനെ അതിന് പരിഭാഗപ്പെടുത്തുമ്പോൾ ആ മനസ്സ് ഉപാസനാ സംശുദ്ധമായിട്ട് തീരും ഇതൊക്കെ കൊണ്ട് ശുദ്ധമാക്കിയ ചിത്തത്തിനെ ഉള്ളില് തിരിച്ച് അവനവന്റെ ഇരുപ്പ് അവനവന്റെ അസ്തിത്വം അവനവന്റെ സ്വരൂപം ഞാൻ എന്നുള്ളത് ഞാൻ ആരാണ് എന്ന് ആരായുമ്പോൾ ഒര കടലിൽ ലയിക്കുമ്പോ കടല് അതിന്റെ സ്വരൂപം എന്നറിയുന്ന പോലെ ഞാൻ എന്ന് പറയുന്ന അഭിമാനം അഖണ്ഡമായ ബോധത്തില് ഹൃദയത്തില് ആ ഹൃദയത്തില് ഈശ്വരൻ അഥവാ പരമാത്മാ അഥവാ ബ്രഹ്മം എന്നൊക്കെ വിളിക്കപ്പെടുന്ന അപൂർണത്വം ആ ശാന്തി ആ യസ് സർവജ്ഞ യസ് സർവവിദ് യസ്യമയം തപ എന്നൊക്കെ ഉപനിഷത്ത് പറയുന്നു ആ പൂർണ്ണ വസ്തു അതിന്റെ സാക്ഷാത് അനുഭവം ഉണ്ടാവും സാക്ഷാത്കാരം ഉണ്ടാവും ആ സാക്ഷാത്കാരമാണ് മനുഷ്യനെ പൂർണനാക്കണത് അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ഇത് കേൾക്കണതാണ് നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭദ്രമായ അനുഭവം മംഗളമായിട്ടുള്ള അനുഭവം എന്ന് ചെവിയിൽ ഇത് വീഴുന്നത് അനുഗ്രഹമാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് ഇങ്ങനെ ഒരു സാധ്യത നമ്മൾക്ക് ഉണ്ടെന്ന് കേൾക്കുന്നത് വലിയ കാര്യമാണ് നമുക്ക് ഈ ഒന്നുമല്ല എന്ന് വിചാരിക്കണ നമ്മൾക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യം നമ്മളുടെ മുമ്പിലുണ്ട് ഈ ഈ ജഡശരീരത്തിലിരുന്നു കൊണ്ട് ഒരു പൂർണ്ണത്വം നമുക്ക് നേടാൻ കഴിയും അമൃതാനുഭവം നമുക്ക് നേടാൻ കഴിയും ഒരു വലിയ വാർത്തയാണ് ആ വാർത്ത കൊടുക്കുക എന്നുള്ളതാണ് ഈ സത്സംഗത്തിൻ്റെ ഉദ്ദേശം അതിന് നമ്മളുടെ ബുദ്ധി നമ്മളുടെ ഇച്ഛാശക്തി നമ്മളുടെ അറിവ് നമ്മളുടെ കർമ്മം നമ്മളുടെ ശാസ്ത്രജ്ഞാനം എല്ലാം ശുദ്ധമാവണം ഒക്കെ സാത്വികമാവണം അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ പടിപ്പടി പടിപ്പടിയായിട്ട് ഈ മൂന്നിനെയും പറഞ്ഞുകൊണ്ടുവരുന്നത് നമ്മളിലുള്ള ദോഷത്തിനേയും കാണിച്ചു തരണു ലക്ഷ്യത്തിനേയും കാണിച്ചു തരണു ചിത്രം ശുദ്ധമാക്കാനാണ് ഭഗവത് നാമം ജപിക്കണതും ഭക്തി ചെയ്യുന്നതും ഉപാസന ചെയ്യുന്നതുമൊക്കെ ചിത്തം ശുദ്ധമായി കഴിയുമ്പോൾ ഈ ജ്ഞാനം നമുക്ക് ഉള്ളിൽ പ്രകാശിക്കും ഗീതാ താത്പര്യം നമുക്ക് നിർണയിക്കാൻ പറ്റും അപ്പോൾ തുടർന്ന് നമ്മൾ നാളെ വൈകുന്നേരം ഇതേ സന്ദർഭത്തിൽ ഇവിടെ കാണാം കിരീടം ാഷാ ദ പഞ്ചു കീടം ശൂലഹതാരാതികൂടം ശുദ്ധ മർദ്ദു ചൂടം ശംഭു ഗംഗാതീരാമോത്ത സിദ്ധ സംസേം ഭജേ മാർഗന്ധു ശിവ ശംഭോ ശംഭോ മഹാദേവദി ആ <laughs> ചേച്ചീ ി സൂര്യ പ്രകാശം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ നാഗേന്ദ്രസാരം മഹാശൌര്യദൂര സിന്ധൂരൂര പ്രചാരം മേവ തോനം മമ കിച്ചിസ്ത്യേഷ്ടുരുമാത്മന